ഒരു വിഭാഗത്തെ അവൻ നേർവഴിയിലാക്കി മറ്റൊരു വിഭാഗത്തിന് വഴിപിഴച്ചൽ അനിവാര്യമായിത്തീർന്നു തീർച്ചയായും അവർ അള്ളാഹു സുഹാനഹുവ തയാലായ കൂടാതെ പിശാജുക്കളെ കൂട്ടുകാരാക്കി തങ്ങൾ നേർവഴിയിലാണെന്ന് അവർ കരുതുകയും ചെയ്യുന്നു